നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞു തീർച്ചയായും ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിയമിക്കാൻ പോകുകയാണ് അവർ പറഞ്ഞു അവിടെ രക്തം ചൊരിയിക്കുകയും ചെയ്യുന്ന ഒരാളെയാണോ അങ്ങ് നിയമിക്കുന്നത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചുകൊണ്ടും പരിശുദ്ധനാക്കിയും കൊണ്ടിരിക്കുകയാണല്ലോ ലാഹുസുബാനഹൂവത്താല പറഞ്ഞു നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നു